അധ്യായം നാൽപ്പത് ഖാഫിർ മക്കയിൽ അവതരിച്ചത് ഖാഫിർ എന്നാൽ പൊറുക്കുന്നവൻ എന്നാണ് അർത്ഥം അള്ളാഹു പാപം പൊറുക്കുന്നവനാണെന്ന് മൂന്നാം വചനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ അധ്യായ നാമത്തിന് നിദാനം മുക്മിൻ അഥവാ വിശ്വാസി എന്നും ഈ അധ്യായത്തിന് പേരു നൽകപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തി വരെയുള്ള വചനങ്ങളിൽ ഫിർന്റെ സമുദായത്തിൽപ്പെട്ട ഒരു സത്യവിശ്വാസി നടത്തിയ പ്രബോധനത്തെ സംബന്ധിച്ച് വിവരിച്ചിട്ടുള്ളതോ വിശ്വാസികളുടെ അവസ്ഥയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളതോ ആണ് ഈ നാമകരണത്തിന് നിദാനം ഈ ഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു പാപം പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കഠിനമായി ശിക്ഷിക്കുന്നവനും വിപുലമായ കഴിവുള്ളവനുമത്രേ അവൻ അവനല്ലാതെ യാതൊരു ദൈവവുമില്ല അവങ്കലേക്കു തന്നെയാകുന്നു മടക്കം ഫീ സത്യനിഷേധികളല്ലാത്തവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി തർക്കിക്കുകയില്ല അതിനാൽ നാടുകളിൽ അവരുടെ സ്വൈരവിഹാരം നിന്നെ വഞ്ചിതനാക്കാതിരിക്കട്ടെ അവർക്കുൻപ് നോഹിന്റെ ജനതയും അവരുടെ ശേഷമുള്ള കക്ഷികളും സത്യത്തെ നിഷേധിച്ചു തള്ളിക്കളയുകയുണ്ടായി ഓരോ സമുദായവും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 അവർ നരകാവകാശികളാണ് എന്നുള്ള നിന്റെ രക്ഷിതാവിൻ്റെ വചനം അപ്രകാരം സ്ഥിരപ്പെട്ടുകഴിഞ്ഞു الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويؤمنون به ويستغفرون للذين آمنوا ربنا وسعتك كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك واقهم عذاب الجحيم سمحا سنهم وحيكونون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 അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു അതുതന്നെയാകുന്നു മഹാഭാഗ്യം തീർച്ചയായും സത്യനിഷേധികളോട് ഇപ്രകാരം വിളിച്ചു വിശ്വാസത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും എന്നിട്ടു നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്തിരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് നിങ്ങളോടുള്ള തമ്മിലുള്ള അമർഷത്തെക്കാൾ വലുതാകുന്നു അവർ പറയും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 ും അവനാണ് നിങ്ങൾക്ക് തന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നത് ആകാശത്തുനിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം ഇറക്കിത്തരുകയും ചെയ്യുന്നു അവങ്കലേക്ക് മടങ്ങുന്നവർ മാത്രമേ ആലോചിച്ച് ഗ്രഹിക്കുകയുള്ളൂ അതിനാൽ കീഴണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അവിശ്വാസികൾക്ക് അനിഷ്ടകരമായാലും ശരി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 ായും അവൻ ശക്തനും കഠിനമായി ശിക്ഷിക്കുന്നവനും അത്രയായും നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവും കൊണ്ട് മൂസായെ അയക്കുകയുണ്ടായി ിറൗന്റെയും ഹാമാന്റെയും കാറൂന്റെയും അടുക്കലേക്ക് അപ്പോൾ അവർ പറഞ്ഞുക്കാരൻ എന്ന് അങ്ങനെ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 ഫിറാവിന്റെ ആൾക്കാരിൽപ്പെട്ട തന്റെ വിശ്വാസം മറച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു എന്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുന്നതിനാൽ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 ആ വിശ്വസിച്ച ആൾ പറഞ്ഞു എന്റെ ജനങ്ങളെ ആ കക്ഷികളുടെ ദിവസം പോലെയുള്ള ഒന്ന് തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിലും ഞാൻ ഭയപ്പെടുന്നു مِثْلَ دَأْ بِ قَوْمِ نُوحٍ وَعَادٍ وَثَمُوتَ وَالَّذِينَ مِنْ بَعْدِهِمْ وَمَ اللَّهُ يُرِيدُ ظُلْمَاً لِلْعِبَادِ عد آيَدُ نُوحِنْدَ جَنَدَ يُدَيُّمْ عَادِينَ دَيُّمْ ثَمُوتِينَ دَيُّمْ أَوَرْكُ شَيْشَ مُلَّوَرُ وَرُدَيُّمْ أَنُفَبَتِّنُ تُلِّيَمْ آيَدُ دَاسَنْ مَ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 അള്ളാഹു ഇനി ഒരു ദൂതനെയും നിയോഗിക്കുകയേ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു അപ്രകാരം അതിക്രമകാരിയും സംശയാലവുമായിട്ടുള്ളതാരോ അവരെ അള്ളാഹു വഴിതെറ്റിക്കുന്നു അതായത് തങ്ങൾക്ക് യാതൊരു ആധികാരിക പ്രമാണവും വന്നുകിട്ടാതെ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ തർക്കം നടത്തുന്നവരെ അത് അല്ലാഹുവിൻ്റെ അടുക്കലും സത്യവിശ്വാസികളുടെ അടുക്കലും വലിയ കോപഹേതുവായിരിക്കുന്നു അപ്രകാരം അഹങ്കാരികളും ഗർഭിഷ്ഠരും ആയിട്ടുള്ളവരുടെ ഹൃദയങ്ങളിലെല്ലാം അള്ളാഹു മുദ്രവെക്കുന്നു പറഞ്ഞു ഹാമാനെ എനിക്ക് ആ മാർഗങ്ങളിലെത്താവുന്ന വിധം എനിക്കുവേണ്ടി നീ ഒരു ഉന്നത സൗധം പണിതുതരൂ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 നിങ്ങൾ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുവോ അതിന് ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ യാതൊരു പ്രാർത്ഥനയും ഉണ്ടാകാവുന്നതല്ല എന്നതും നമ്മുടെ മടക്കം അല്ലാഹുവിങ്കലേക്കാണ് എന്നതും അതിക്രമകാരികൾ തന്നെയാണ് നരകാവകാശികൾ എന്നതും ഉറപ്പായ കാര്യമാകുന്നു എന്നാൽ ഞാൻ തീർച്ചയായും അള്ളാഹുദാസന്മാരെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു അപ്പോൾ അവർ നടത്തിയ കുതന്ത്രങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ കാത്തു ഫിറാവുന്റെ ആളുകളെ കടുത്ത ശിക്ഷ വലയം ചെയ്യുകയുമുണ്ടായി രാവിലെയും വൈകുന്നേരവും അവർ അതിനു മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും ആ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം ഫിർന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ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 ആ കാവൽക്കാർ പറയും നിങ്ങളിലേക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് നിങ്ങളുടെ അടുത്തു വന്നിട്ടുണ്ടായിരുന്നില്ലേ അവർ പറയും അതെ കാവൽക്കാർ പറയും എന്നാൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചുകൊള്ളുക സത്യനിഷേധികളുടെ പ്രാർത്ഥന വൃഥാവിലായി പോകുകയുള്ളൂ തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെയും വിശ്വസിച്ചവരെയും ഐഹിക ജീവിതത്തിലും സാക്ഷികൾ രംഗത്തു വരുന്ന ദിവസത്തിലും സഹായിക്കുക തന്നെ ചെയ്യും അതായത് അക്രമികൾക്ക് അവരുടെ ഒഴികഴിവ് പ്രയോജനപ്പെടാത്ത ദിവസം അവർക്കാകുന്നു ശാപം അവർക്കാകുന്നു ചീത്തഭവനം മൂസക്ക് നാം മാർഗദർശനം നൽകുകയും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 തങ്ങൾക്ക് യാതൊരു പ്രമാണവും വന്നു കിട്ടാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി തർക്കിക്കുന്നതാരോ അവരുടെ ഹൃദയങ്ങളിൽ തീർച്ചയായും അഹങ്കാരം മാത്രമേയുള്ളൂ അവർ അവിടെ എത്തുന്നതേ അല്ല അതുകൊണ്ട് നീ അള്ളാഹുവിനോട് ശരണം തേടുക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 ان الساعه لاتيه لا ريب فيها لا ريب فيها ولكن اكثر الناس لا يؤمنون اه اند्य समय वरानुल्दु तनेया आदिल समस्यमे इल्ला पक्षे मनुष्यरिल अधिक वेरुम विश्वसिकुन्ना व कल्ला रब्बुकुदउनी अस्तजबलकुम इनल्लदीन यस्तकबिर നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്കുത്തരം നൽകാം എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വഴിയെ നിന്ദരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് തീർച്ച അള്ളാഹുവാകുന്നു നിങ്ങൾക്കു വേണ്ടി രാത്രിയെ നിങ്ങൾക്കു ശാന്തമായി വസിക്കാൻ തക്കവണ്ണവും പകലിനെ വെളിച്ചമുള്ളതും ആക്കിയവൻ തീർച്ചയായും അള്ളാഹു ജനങ്ങളോട് ഔതാര്യമുള്ളവനാകുന്നു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 الله الذي جعل لكم الارض قرارا والسماء مئنا او صوركم وصوركم فاحسن صوركم ورزقكم من الطيبات ذلك الله ربكم فتبارك الله رب العالمين الله واغنوا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 നബിയെ പറയുക എന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് എനിക്ക് തെളിവുകൾ വന്നുകിട്ടിയിരിക്കെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ആരാധിക്കുന്നതിൽ നിന്ന് തീർച്ചയായും ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു ലോകങ്ങളുടെ രക്ഷിതാവിന് ഞാൻ കീഴ്പ്പെടണമെന്ന് കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു خلقكم من تراب ثم من نطفة ثم من علق ثم يخرجكم طفلا ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل ولتبلغوا أجلا مسمى ولعلكم تعقلون مرنل من النوم പിന്നെ ബീജകണത്തിൽ നിന്നും പിന്നെ ഭ്രൂണത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചത് അവനാകുന്നു പിന്നീട് ഒരു ശിശുവായി നിങ്ങളെ അവൻ പുറത്തു കൊണ്ടുവരുന്നു പിന്നീട് നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണശക്തി പ്രാപിക്കുവാനും പിന്നീട് നിങ്ങൾ വൃദ്ധരായിത്തീരുവാനും വേണ്ടി നിങ്ങളിൽ ചിലർ മുമ്പേ തന്നെ മരണമടയുന്നു നിർണിതമായ ഒരു അവധിയിൽ നിങ്ങൾ എത്തിച്ചേരുവാനും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 الذين كذبوا بالكتاب وبما ارسلنا به رسلنا فسوف يعلمون वेद ग्रंथतेय नाम നമ്മുടെ ദൂതന്മാരെ അയച്ചതു എന്തു ഒരു ദൗത്യം കൊണ്ടാണോ അതിനേയും നിഷേധിച്ചു കളഞ്ഞവരത്രെ അവർ എന്നാൽ വഴിയെ അവർ അറിഞ്ഞോളും इذيل اغلال في <تصفيق> اعناقهم والسلاسل يسحبون അതെ അവരുടെ കഴുത്തുകളിൽ കുരുക്കുകളും ചങ്ങലകളുമായി അവർ വലിച്ചിഴക്കപ്പെടുന്ന സന്ദർഭം ചുട്ടുതിളക്കുന്ന വെള്ളത്തിലൂടെ പിന്നീട് അവർ നരകാഗ്നിയിൽ എരിക്കപ്പെടുകയും ചെയ്യും പിന്നീട് അവരോട് പറയപ്പെടും അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർത്തിരുന്നവർ എവിടെയാകുന്നു അവർ പറയും അവർ ഞങ്ങളെ വിട്ട് അപ്രത്യക്ഷരായിരിക്കുന്നു അല്ല ഞങ്ങൾ മുമ്പ് പ്രാർത്ഥിച്ചിരുന്നത് യാതൊന്നിനോടുമായിരുന്നില്ല അപ്രകാരം അല്ലാഹു സത്യനിഷേധികളെ പിഴവിലാക്കുന്നു ന്യായമില്ലാതെ നിങ്ങൾ ഭൂമിയിൽ ആഹ്ലാദം കൊണ്ടിരുന്നതിൻറെയും ഗർവ് നടിച്ചിരുന്നതിന്റെയും ഫലമത്രേ അത് നരകത്തിന്റെ കവാടങ്ങളിലൂടെ അതിൽ നിത്യവാസികളെന്ന നിലയിൽ നിങ്ങൾ കടന്നുകൊള്ളുക അഹങ്കാരികളുടെ പാർപ്പിടം ചീത്ത തന്നെ എന്ന് അവരോട് പറയപ്പെടും അതിനാൽ നീ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു എന്നാൽ നാം താക്കീത് നൽകുന്ന ശിക്ഷയിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരുന്നതായാലും നിന്നെ നാം മരിപ്പിക്കുന്നതായാലും നമ്മുടെ അടുത്തേക്ക് തന്നെയാണെങ്കിൽ അവർ മടക്കപ്പെടുന്നത്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 അവയുടെ പുറത്തും കപ്പലുകളിലുമായി നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു ചെയ്യുന്നു അപ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് افلم يسيروا في الارض فينظرو كيف كان عاقبه الذين من قبلهم كانوا اكثر منهم واشد قوه واثارا في الارض فما اغنى عنهم ما كانوا يكسبون انال اذكركم بمبدايه بर्यवسانم انغيায়رنو ان كانان അവർ ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കിയിട്ടില്ലേ അവർ ഇവരെക്കാൾ എണ്ണം കൂടിയവരും ശക്തികൊണ്ടും ഭൂമിയിൽ വിട്ടേച്ചുപോയ അവശിഷ്ടങ്ങൾ ഏറ്റവും പ്രബലന്മാരുമായിരുന്നു എന്നിട്ടും അവർ നേടിയെടുത്തിരുന്നതൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടില്ല